മദ്യനിലെ ആളുകളും അങ്ങനെ ചെയ്തു മൂസ അലേഹിസലാമിനെയും നിഷേധിച്ചു അതിനാൽ ഞാൻ സത്യനിഷേധികൾക്ക് സമയം നൽകി പിന്നീട് ഞാൻ അവരെ പിടികൂടി അങ്ങനെ എന്റെ ശിക്ഷ എങ്ങനെയായിരുന്നു